മഹത്വം പ്രായോഗിക ജീവിതത്തിൽ നാം ഏകദേശം അനുദിനവും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട് എന്താ വഴി എന്താ ഒരു പരിഹാരം എന്താ സഹോദര ഒരു മാർഗം അതേ നമ്മൾ പറയും സഹോദര പേടിക്കേണ്ട ഒരു മാർഗമുണ്ട് ഒരു വഴിയുണ്ട് ഓരോ ജീവിത സാഹചര്യത്തിനും മുമ്പിലും വളരെ പ്രായോഗികമായിട്ട് നാം തിരയുന്നൊരു കാര്യമാണ് വഴി ആത്മീയ ജീവിതത്തിലും ഈ വഴി വളരെ പ്രധാനമാണ് കാരണം ബൈബിളിൽ എനിക്ക് മനസ്സായിടത്തോളം എഴുന്നൂറ്റി അൻപത് പ്രാവശ്യത്തിലധികം അതായത് ബൈബിൾ നമ്മളൊന്ന് തുറന്നു വച്ചാൽ ആ ഇരട്ട പേജുകളിൽ ഒരു പ്രാവശ്യമെങ്കിലും വഴി എന്ന പ്രയോഗം വരാൻ തക്കവണ്ണം അത്രമാത്രം വഴിയെ പറ്റി ബൈബിൾ പരാമർശിച്ചിട്ടുണ്ട് എഴുന്നൂറ്റമ്പതിലധികം തവണ അപ്പം നമ്മളൊരു പക്ഷേ ചിന്തിക്കും നമുക്ക് വ്യക്തമായൊരു പഠിപ്പിക്കലുണ്ടല്ലോ വഴിയെപ്പറ്റി യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ആറാം വാക്യം കത്താവ് വഴിയെപ്പറ്റി വളരെ വ്യക്തമായും വളരെ ഉറപ്പോടെയും ലോകത്തിൽ ഇന്ന് വരെയും ആരും പറയാത്തവണ്ണം അത്രമാത്രം സ്പഷ്ടതയോടെയും നമുക്ക് പറഞ്ഞിട്ടല്ലേ പിന്നെന്തിനാണ് ഇന്ന് ഈ സഹോദരൻ ഇതിന് മുതിരുന്നത് എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ച് പോയേക്കാം എന്താണെന്ന് പറയുന്നത് കത്താവ് പറയുന്നു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നിലൂടെയല്ലാതെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയുകയില്ല വളരെ സത്യമായ ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഒരു റിയലാണ് റിയാലിറ്റിയാണ് അവിടെയാണ് ഇന്ന് വഴിയെക്കുറിച്ചൊരിക്കൽ കൂടെ ചിന്തിക്കുവാനായിട്ട് എന്നെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ മധ്യേ ദൈവം ഈയൊരു രീതിയിൽ കാര്യങ്ങളെ നോക്കുവാനിടയാക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ രസകരമായൊരു കാര്യം ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഈ വഴി എന്നൊരു ഇടപാടില്ല ദൈവം നമുക്ക് നോക്കാം ആദ്യത്തെ സൃഷ്ടിച്ച് ആദവും ആദ്യത്തെ പറ്റി ദൈവം സൃഷ്ടിക്കു ശേഷം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി എങ്ങനെയാണ് ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ ആക്കി അപ്പോൾ എന്താണ് ഇവിടെ ദൈവം ആദാമനെ ഏതൻ തോട്ടത്തിൽ ജോലി ചെയ്യുവാനായിട്ട് അത് കാക്കുവാനായിട്ട് ദൈവം കൊണ്ടയാക്കുകയാണ് ആദത്തിനൊരു വഴിതപ്പി നടക്കേണ്ടി വന്നില്ല അവിടെ ഓരോ കാര്യങ്ങളും കാണാം ആദത്തിന് ഭക്ഷണം പോകേണ്ടി വന്നില്ല അവിടെ ഒമ്പതാം വാക്യം ഇങ്ങനെ കാണുന്നു കാണുവാൻ ഭംഗിയുള്ളതും നമുക്കൊരു നമുക്കൊരു വിശപ്പുണ്ടാകാനായിട്ട് കാണുമ്പോൾ നമുക്കൊരാകർഷണം തോന്നണം എനിക്ക് വിശപ്പുണ്ടാകണം അതിനൊരു താല്പര്യം തോന്നണം നമുക്ക് അങ്ങനെയൊരു ഒരു ആപ്പിറ്റൈറ്റ് ഉണ്ടാകാൻ അത് ഭംഗിയുള്ളതും തിന്നുവാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും നിലത്ത് നിന്ന് മുളപ്പിച്ചു നമുക്ക് അപ്പം പോകേണ്ട അല്ലെങ്കിൽ ഭക്ഷണം അന്വേഷിച്ച് അല്ലെങ്കിൽ ആ നിലയിൽ പരതി നിലക്കേണ്ട ഒരു കാര്യം മാത്രത്തിനുണ്ടായിരുന്നില്ല അവിടെ പത്താം വാക്യത്തിൽ നാം കാണുന്നു തോട്ടം നനയ്ക്കാൻ വെള്ളം തപ്പിയും ആദാമിന് പോകേണ്ടി വന്നില്ല അവിടെ കത്താവ് തന്നെ നോക്കുക തോട്ടം നനയ്ക്കുവാൻ ഒരു നദി ഏതൽ നിന്ന് പുറപ്പെട്ടു ആ തോട്ടം നനച്ച ശേഷം അത് അവിടെ നിന്ന് നാല് ശാഹിയായി പിരിഞ്ഞു അപ്പോൾ ആദാമിന് അതും അന്വേഷിച്ച് ഒരു വഴിതപ്പി നനയ്ക്കേണ്ട വെള്ളം തപ്പി നനയ്ക്കേണ്ട ഭക്ഷണം തപ്പി നനയ്ക്കേണ്ട പത്തൊമ്പതിലേക്ക് വരുമ്പോൾ അവിടെ നോക്കുക അവിടെ യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിരത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി നമുക്ക് മൃഗങ്ങളെ അന്വേഷിച്ച് നമ്മളിന്ന് അറിയാം ഇന്ന് വൈൽഡ് ലൈഫുകാർ ഒരു സെൻസസ് എടുക്കണമെങ്കിൽ എത്ര എത്ര പരിശ്രമമാണ് ഏതെങ്കിലും മൃഗം മനുഷ്യൻ്റെ മുമ്പിൽ വന്ന് വരുമോ വന്നാൽ മനുഷ്യൻ്റെ കാര്യം പോക്കാം അല്ലേ കാട്ടുമൃഗങ്ങളെ ഒന്നും മനുഷ്യന് വഴങ്ങാത്ത മനുഷ്യനോട് വിരോധം വെച്ച് പുലർത്തുന്ന ഒരു കാലഘട്ടത്തിൽ വീണ് പോയ യുഗത്തിൽ നാം ജീവിക്കുമ്പോൾ നോക്കൂ ആദാമിന് ഈ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആദാമിൻ്റെ മുമ്പിലേക്ക് മൃഗങ്ങൾ വന്നുകൊണ്ടിരുന്ന എന്തുകൊണ്ടാണ് എന്താ പ്രിയപ്പെട്ടവരെ എന്താണ് അതിൻ്റെ കാര്യം നമ്മൾ ഒന്നാം അധ്യായത്തിന് ഇരുപത്താറാം വാക്യം വായിക്കുന്നത് പോലെ ഇങ്ങനെയാണ് വായിക്കുന്നതിൻ്റെ രണ്ടാം ഭാഗം അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിൻ്റെയും ആകാശത്തിലുള്ള പർവ്വജാതികളുടെയും മൃഗങ്ങളുടെ മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ യജ ചെയ്യുന്ന എല്ലാ യജാതികളുടെയും മേലും വാചട്ടെ എന്ന് കൽപ്പിച്ചു നോക്ക് ദൈവം തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ആദത്തെ സൃഷ്ടിച്ച ശേഷം താൻ അവനായി അല്ലെങ്കിൽ മനുഷ്യനായി ഒരുക്കിയ എല്ലാ സൃഷ്ടികളെയും മനുഷ്യന്റെ അധീനതയിലേക്ക് ദൈവം വെച്ചു കൊടുക്കുക എന്നിട്ട് ദൈവം എന്ത് ചെയ്തു ദൈവം എവിടെയാ ദൈവം ഒരു ക്രമമാണ് ഉണ്ടാക്കിയത് ഒരു വഴിയല്ല ഒരു ദൈവിക ക്രമം ആദാമൻ്റെ ജീവിതത്തിൽ എങ്ങനെ ആദം ദൈവത്തോടു കൂടി നടക്കും സകലത്തെയും വാഴുന്ന സകലത്തെയും ത്തിൽ മതീശത്വം മനുഷ്യൻ ദൈവത്തോടു കൂടെ ഓരോ ദിവസവും നടക്കുന്നൊരനുഭവം പക്ഷേ മനുഷ്യൻ വീണു മനുഷ്യൻ വീണ് പോയപ്പോൾ അല്ലെങ്കിൽ മനുഷ്യനിൽ ദൈവിക ജീവൻ നഷ്ടമായപ്പോൾ മനുഷ്യൻ ഉദ്ഘാടനം ചെയ്ത ഒരു ബദൽ സംവിധാനമാണ് വഴി മനുഷ്യനാണ് അതിൻ്റെ ഉദ്ഘാടനം സാത്താൻ മുഖാന്തരം മനുഷ്യൻ അതൊരു വഴിയെപ്പറ്റി പറയുന്നില്ല ബൈബിളിൽ കാരണം ദൈവം തന്നെ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ആദമനെ അധീശതം കൊടുത്ത് എല്ലാത്തിൻ്റെയും അധികാരം കൊടുത്ത് നടത്തിയപ്പോൾ അതാവനൊന്നിൻ്റെയും കുറവുണ്ടായിരുന്നില്ല അവൻ വഴി തെരഞ്ഞു നടക്കേണ്ട ഒരു പരിഹാരം തിരഞ്ഞ് നടക്കേണ്ട കാരണം കർത്താവ് ദൈവമായ കർത്താവ് അവൻ്റെ കൂടെയുണ്ട് പ്രിയപ്പെടവരേ ഇവിടെയാണ് ഈ വീണുപോയ മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകാൻ കണ്ടുപിടിച്ചൊരു ബദൽ സംവിധാനം എന്ന നിലയിൽ വഴിയെ നാം കാണേണ്ടത് ഒരു പരിഹാരം എന്താണ് പരിഹാരം ഞാനിങ്ങനെ വിചാരിക്കുന്നു ആദ്യത്തെ പരിഹാരം എന്താ ആദ്യത്തെ വഴി എന്താണ് അവർ കണ്ടുപിടിച്ചത് അത്തിയല അല്ലേ വീണ് പോയപ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിച്ചവർക്ക് എന്തോ സംഭവിച്ചെന്ന് മനസ്സിലായി നോക്കിയപ്പോൾ നഗ്നരാണ് തങ്ങളുടെ എന്തോ ഒരു വലിയ മാറ്റം ഒരുപക്ഷെ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അവയോട് ആദം പറഞ്ഞു സ്ത്രീയെ ഒരുപക്ഷെ നമ്മൾ മരിച്ചൊന്നും പോയില്ലല്ലോ സത്താൻ പറഞ്ഞതിന് എന്തോ ഒരു കുറച്ച് കാര്യമുണ്ട് നമ്മൾ മരിച്ചിട്ടില്ല ഇനി എന്താ വേണ്ടത് ഇനി ദൈവത്തിൻ്റെ അടുക്കൾ പിടിച്ചു നിൽക്കണം കത്താവ് ദൈവം വരുമ്പോൾ എങ്ങനെയാലും ഒന്ന് പിടിച്ചു നിൽക്കണം ഒരു പക്ഷേ ദൈവം അതങ്ങ് വിട്ടുകളഞ്ഞാലോ നോക്കി രണ്ടുപേരും കൂടെ വളരെ മനോഹരമായ ആ അരയാടയൊക്കെ നിൽക്കുക ദൈവത്തെ കാത്ത് കാത്ത് നിൽക്കുകയല്ല പക്ഷേ ദൈവം വരുമ്പോൾ ആ നിലയിൽ നിന്ന് പിടിച്ചിട്ട് പോകാൻ പറ്റു സാധിക്കുമായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ സ്വയം കണ്ടെത്തിയൊരു മാർഗ്ഗം സ്വയം കണ്ടെത്തിയൊരു പരിഹാരം പക്ഷേ അൺഫോർച്ചുനേറ്റ് ആയിട്ട് എന്താ സംഭവിച്ചത് ദൈവത്തിൻ്റെ ശബ് നടപ്പിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ പദ്ധതി പൊളഞ്ഞു ഓടി ദൈവമുമ്പാതെ നിൽക്കുവാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല മനുഷ്യൻ്റെ വഴികൾ സ്വന്തമായുള്ള വഴികൾ ദൈവത്തിൻ്റെ കാലച്ചയുടെ മുമ്പിൽ പോലും നിൽക്കാനാവില്ല ഏത് കാലത്തും അന്നും ഇന്നും പ്രിയപ്പെട്ടവരെ എന്താണ് എന്താണ് ഈ മതിയാകാത്തല്ലെങ്കിൽ അന്ന് ആദത്തിന് മുമ്പിൽ പരിഹാരമാകാഞ്ഞ ഒരു ആദം കണ്ടുപിടിച്ച വഴി അന്ന് ഉപകാരപ്പെടാഞ്ഞ വഴി അന്ന് ആദ്യ സമം പൊളിഞ്ഞതുപോലെ ഇന്നും നിരന്തരം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ വിശ്വാസ കോടതി കാണുന്നത് അല്ലേ നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ യോഹനുസരിച്ച് പതിനാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യം പറഞ്ഞതുപോലെ ഇന്ന് ആ നിലയിൽ കർത്താവിനെ എൻ്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും അതാണ് വഴി കർത്താവിനോട് ചേർന്ന് നിന്ന് കത്താവിനുള്ള കൂട്ടായ്മയിൽ ആദം നടന്നതുപോലെ നടക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്ക നിൽക്കുന്നത് വളരെ അപകടം പിടിച്ചൊരു ഒരു ഒരു കാര്യമാണത് അതുകൊണ്ട് മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിൽ അവനെ എടുക്കുന്ന നിര എടുത്തിരുന്ന നിരത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു ജീവൻ്റെ വെച്ചത്തെങ്കിലേക്കുള്ള വഴി കാക്കുവാൻ നമുക്ക് അവിടെയാണ് ആദ്യം വഴി എന്നുള്ള പ്രയോഗം ജീവൻ്റെ വെച്ചത്തിലേക്കുള്ള വഴി കാക്കുവാൻ അവൻ ഏതൻ തോട്ടത്തിന് കിഴക്ക് കെരൂപുകളെ തിരഞ്ഞുകൊണ്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി നമുക്ക് അവിടെ ഒരു ഇതെന്തിൻ്റെ നെജലാണ് ഈ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാള് ആ വാളും മാത്രമല്ല അതൊരു ഒരു അഗ്നിയുടെ ജ്വാലയും കൂടെ ഉണ്ടാവും അതായത് എന്താണ് അതിൻ്റെ ആത്മീയ അർത്ഥം ഒരു സ്വയം ജീവനിൽ നിരന്തരം വെട്ടുകൊണ്ട് കൊള്ളുന്നൊരനുഭവം മാത്രമല്ല ഒരാത്മാവിൻ്റെ തീയിൽ കൺസ്യൂം ചെയ്യപ്പെടുന്നൊരനുഭവം കൂടെ ഉണ്ടാവണം ഏതാ മനുഷ്യന് ഈ സ്വന്തം അവിടെയാണ് അങ്ങനെയാണ് ഇത് മനുഷ്യൻ്റെ വഴിയെ ദൈവം തടഞ്ഞത് മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തെ നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നാം കണ്ടെത്തുന്ന സ്വന്തം മാർഗ്ഗങ്ങളെ തടയുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു ഇങ്ങനെയാണ് നാം കാണുന്നത് അപ്പോൾ നമ്മൾ അറിയുന്നു മനുഷ്യൻ്റെ സ്വയം പ്രയത്നങ്ങളെല്ലാം വൃഥാവാണ് നാം നമ്മുടെ ജീവിതത്തിൻ്റെ സാഹിത്യത്തിൻ്റെ മധ്യത്തിൽ നാം നമുക്കായി തിരഞ്ഞെടുക്കുന്ന ഏതൊരു വഴിയും അത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ദൈവഹിതത്തിനുള്ളിലുള്ളതോ അല്ല എന്നാണ് നാം ഈ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ീ വഴി എന്ന് പറയുമ്പോൾ അതെന്താണ് അതിന് കേവലമൊരു നടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു മാർഗം ഒരു പോംവഴി എന്നതിനപ്പുറത്തേക്ക് ബൈബിളിൽ അങ്ങനെയല്ല നമ്മളാ നിലയിലല്ല വഴി എന്ന് ഇതിനെ കാണുക നമുക്ക് ചില ഭാഗം വചന നോക്കാം ഏശയ്യാപ്രവചനം അമ്പത്തി അഞ്ചാം അധ്യായത്തിൽ മനുഷ്യൻ്റെ ഈ ഒരു ബദർ സംവിധാനത്തെ പറ്റി അല്ലെങ്കിൽ ഈ വഴിയെപ്പറ്റി പറയുന്നു ഏഴാം വാക്യം എങ്ങനെയാണ് അമ്പത്തി അഞ്ചിൻ്റെ ഏഴ് ദുഷ്ടൻ തൻ്റെ വഴിയെയും നമുക്ക് വഴി സ്വന്തം വഴി തൻ്റെ വഴി ദുഷ്ടൻ തൻ്റെ വഴിയേയും അപ്പോൾ സ്വന്തം വഴി അല്ലെങ്കിൽ തൻ്റെ വഴി നടക്കുന്ന തൻ്റെ വഴിയിൽ ആത്മീയമായ ഒരു ജീവിതം അല്ലെങ്കിൽ ആ നിലയിലൊക്കെ നമ്മൾ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന എല്ലാ വഴികളും ദൈവം എങ്ങനെയാണ് ദുഷ്ടൻ ദൈവത്തിൽ നിന്നല്ലാത്ത ദൈവിക ക്രമത്തിന് വിരുദ്ധമായിട്ടുള്ള ഏത് കാര്യവും അല്ലെങ്കിൽ ആ വഴിയും ദുഷ്ടൻ എന്നാണ് അവിടെ വിശേഷിപ്പിക്കുക എന്നിട്ട് പറയും നീതിഘട്ടവൻ തൻ്റെ വിചാരത്തെയും ഉപേക്ഷിച്ച് യഹോബയിലേക്ക് തിരിയട്ടെ നോക്കാം എവിടെയെല്ലാം വചനത്തിൽ വഴിയെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് വിചാരങ്ങൾ വഴിയും വിചാരങ്ങളും അല്ലെ താഴേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം എട്ടാമത് വാക്യത്തിൽ അങ്ങനെയാണ് എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവാലി ചെയ്യുന്നു നമുക്ക് വഴിയും വിചാരവും ഒന്നിച്ച് പോകുന്ന ഒരു വ്യവസ്ഥയായിട്ടാണ് നാം ഇവിടെ കാണുന്നത് എസ് ഒരു വാക്യം കൂടെ അറുപത്തി അഞ്ചിലും എസ് ഐ അറുപത്തി രണ്ടാം വാക്യം അവിടെയും നോക്കുക സ്വന്ത വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടുന്നു അവിടെയും നോക്കുക സ്വന്തം വിചാരങ്ങൾ സ്വന്തം വഴി അപ്പം എന്താ അതിൻ്റെ അർത്ഥം നമ്മുടെ സ്വന്തം ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ലൈക്സും നമ്മുടെ പ്ലാൻസും നമ്മുടെ നമ്മുടെ ഇഷ്ടങ്ങൾ സ്വന്തം ഇഷ്ടങ്ങളും നമ്മുടെ ബുദ്ധിയും കൂടി ചേർന്ന ഒരു മാരകമായ ഒരു ഒരു കോമ്പിനേഷനാണത് വഴി നമ്മുടെ മനസ്സിൻ്റെ താല്പര്യങ്ങളും നമ്മുടെ ബുദ്ധിയും മനുഷ്യൻ്റെ ബുദ്ധിയും ഏതാ വീണുപോയ മനുഷ്യൻ ജീവൻ്റെ അല്ലെങ്കിൽ വൃക്ഷത്തിൽ നിന്ന് കഴിക്കാതെ നന്മതന്മകളുടെ ഫലത്തിൽ നിന്ന് കഴിച്ചപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയും മനുഷ്യൻ്റെ മനസ്സും ചേർന്ന് കണ്ടെത്തിയ മരണകരമായ ഒരു കോമ്പിനേഷനെയാണ് നമ്മുടെ വഴിയെന്ന് കാണുന്നത് അവിടെ നമ്മൾ തിരിച്ച് അല്ലെങ്കിൽ അമ്പത്തി മൂന്നാമത്തെ ആയ മേസയ പ്രവചനം അമ്പത്തി മൂന്നിൽ നമ്മളിങ്ങനെ കാണുന്നു അമ്പത്തി മൂന്നിൻ്റെ ആറിൽ നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു നമുക്ക് അവിടെയും താന്താൻ്റെ വഴി സ്വന്തം വഴി എന്നാൽ യഹോബ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി എന്ന് വായിക്കുന്നു ഉൽപ്പത്തിയിലേക്ക് മടങ്ങി വന്നാൽ അവിടെ അവിടെ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു ദൈവം ഒരു കാര്യം കാണുന്നതായിട്ട് കാണുന്നു ആറാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അപ്പം നമ്മൾ എസ് പ്രവചനത്തിൽ നമ്മൾ അമ്പത്തി അമ്പത്തി മൂന്നിൽ നമ്മൾ കണ്ടു സോറി അതിൽ നമ്മൾ കണ്ടു ദുഷ്ടൻ തൻ്റെ വഴികളെയും നോക്കി ഇവിടെ പറയാം മനുഷ്യൻ്റെ ദുഷ്ടത മനുഷ്യൻ്റെ വഴികളെല്ലാം അല്ലെങ്കിൽ ആ നിലയിലെല്ലാം തെറ്റാണെന്നും അവിടെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഖോവ കണ്ടു എന്നാണ് ഇവിടെ വായിക്കുന്നത് പന്ത്രണ്ടാം ബാക്കി നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു സകല ജഡവും തൻ്റെ വഴി വഷളാക്കിയിരിക്കുന്നു നമുക്ക് വഴിയപ്പം കേവലം മനുഷ്യൻ ദൈവിക സംവിധാനത്തിനെതിരെ അല്ലെങ്കിൽ ദൈവിക ക്രമത്തിനെതിരെ മനുഷ്യൻ്റെ ബദൽ സംവിധാനമാണ് വഴി അതുകൊണ്ടാണ് സ്വന്തം വഴിയെ ദുഷ്ടതയെന്നും ആ അനീതിയെന്ന നീതിരഹിതനെന്നും ദൈവം വിളിക്കുന്നതും കാണുന്നതും ഈ കാരണങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞു വരുന്നത് നാം ഈ കർത്താപരി ശേഷവും ജീവൻ്റെ വഴിയായ ആ ഏകസത്യമായ കർത്താവിൽ വിശ്വസിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും നമ്മൾ ഈ കർത്താവിലേക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂട്ടായ്മയിലേക്ക് വരാതെ സ്വന്തം വഴികളിൽ നാം കത്താവിനെ അന്വേഷിക്കുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ നമ്മൾ ഈ ആദത്തിൻ്റെ ആ നാളുകൾ മുതൽ ഈ കാര്യങ്ങൾക്കിടയിൽ ചില പ്രത്യാശയുടെ ചില ചില കിരണങ്ങൾ അല്ലെ ഒന്ന് രണ്ട് വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നമുക്ക് അവിടെ അവിടെ നമ്മൾ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു ഹാനോക്ക് ഹാനോക്ക് മുന്നൂറ് സമ്മത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു അതെ ഒരു സാധാരണ കുടുംബസ്ഥൻ തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദങ്ങളും മധ്യേ ഇരുപത്തിനാലാം വക്യം ഇങ്ങനെ പറയുന്നു ഹാനോക്ക് ദൈവത്തിൻ്റെ ദൈവത്തോട് കൂടെ നടന്നു ദൈവത്തോട് കൂടെ നടന്നു നോക്കുക ആദ്യം മാതാപിതാക്കൾ ആദ്യം വീണ് പോകുന്നതിന് മുമ്പ് നടന്നതുപോലെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടന്നു എന്താണ് പ്രത്യേകത ഹാനോക്കിൻ്റെ പ്രത്യേകത എന്താണ് ഹാനോക്കിന് സ്വന്തമായ വഴിയില്ലായിരുന്നു ഹാനോക്ക് സ്വന്തം വഴി അന്വേഷിച്ചില്ല നമ്മൾ ഉൽപ്പത്തി പുസ്തകം ആറാമധ്യായതിന് വീണ്ടും മറ്റൊരാളെക്കുറിച്ച് നമ്മളങ്ങനെ കാണുന്നുണ്ട് ആരാണ് നോഹ നോഹയോടും പറ്റിയും ഇങ്ങനെ വായിക്കുന്നു നോഹ ഒമ്പതാം വാക്യം ആറിൻ്റെ ഒമ്പത് നോഹയുടെ നോഹനീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു നോഹ ദൈവത്തോട് കൂടെതാണെന്ന് നോഹ നോഹയ്ക്കും സ്വന്തം വഴിയില്ലായിരുന്നു ദൈവം എന്ത് പറഞ്ഞു അത് പൂർണമായും മറ്റൊന്നും ജനം എന്ത് പറയുന്നെന്നോ തൻ്റെ സാഹചര്യങ്ങൾ എന്ത് പറയുന്നതെന്നൊന്നും നോഹ ചിന്തിച്ചില്ല പൂർണ്ണമായും പൂർണ്ണമായും ദൈവശബ്ദം കേട്ട ഒരുവൻ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ മാത്രം നടന്ന ഒരുവൻ നമുക്ക് എത്ര മനോഹരമായ അവിടെ അവസ്ഥ അതും ഈ സ്വന്തം വഴിക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് മോശയെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നോഹ നീതിമാൻ നമ്മൾ തുടക്കത്തിൽ വായിച്ച നീതിരഹിതൻ സ്വന്തം വഴി സ്വന്തം വിചാരങ്ങൾ നീതിരഹിതൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക അതിന് മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിനെതിരായി നിൽക്കുന്ന ഒരു കാര്യം നീതിമാൻ അല്ലെങ്കിൽ ദുഷ്ടതയ്ക്കെതിരെ വരുന്ന ഇവിടെ എന്താണ് നിഷ്കളങ്കൻ മനുഷ്യൻ്റെ സംവിധാനത്തിന് നേരെ വിപരീതമായ ഒരു നിലപാടുള്ളവൻ നീതിമാൻ നിഷ്കളങ്കൻ പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള ഒരുവനെ ദൈവ ദൈവസന്നിധിയിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കാൻ കഴിയൂ അപ്പോൾ ചുരുക്കം ഇതാണ് ചുരുക്കം നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ ഇഷ്ടങ്ങളെ സ്വന്തം ബുദ്ധിയിൽ നടപ്പിൽ വരുത്തുവാനുള്ള മനുഷ്യൻ്റെ പരിശ്രമത്തെ ആണ് സ്വന്തം വഴിയെന്ന് പറയുക എന്താണ് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള നമ്മുടെ കാര്യങ്ങളെ അത് ദൈവാന്വേഷണമായിക്കോട്ടെ ആത്മീയ വഴിയാകട്ടെ അവിടെയെല്ലാം നമ്മുടേതായ വഴി നമ്മുടേതായ സ്വാതന്ത്ര്യം കത്താവിൻ്റെ ഇഷ്ടത്തിനൊക്കെ ഇറങ്ങിക്കൊടുക്കാതെ എൻ്റേതായ അന്വേഷണങ്ങൾ എൻ്റേതായ വിശ്വാസങ്ങൾ കീഴടങ്ങാത്ത പ്രകൃതം അങ്ങനെ നമ്മുടെ ബുദ്ധിയിൽ നാം കാര്യങ്ങളെ നാം ഈ കാര്യങ്ങളെ നടത്തുവാനുള്ള പരിശ്രമത്തെയാണ് സ്വന്തം വഴി എന്ന് നാം പറയുക കഥാപെന്നും ഏത് കാലത്തും ഈ സ്വന്തം വഴിയിൽ നടക്കുന്ന നമ്മെ മടക്കിക്കൊണ്ട് വരാനാണ് ആദ്യം മുതലേ കഥാവിൻ്റെ പദ്ധതികളെല്ലാം അങ്ങനെയായിരുന്നു അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാമിനെ വിളിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നമ്മളിങ്ങനെ ഒരു വാക്യം കാണുന്നുണ്ട് പതിനെട്ടിൻ്റെ പത്തൊമ്പതിലിങ്ങനെ പറയുന്നു യഹോവ അബ്രഹാമിനെക്കുറിച്ച് അല്ലെ ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുക്കാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പൊ അബ്രാഹാമിനെ തിരഞ്ഞെടുത്തിന്റെ ഹോൾ പെർപ്പസ് എന്താ തന്റെ വഴിയിൽ നടക്കാതെ തൻ്റെ കുടുംബത്തോടും തനിക്ക് പിന്തുണ പിൻപുള്ള തലമുറയ്ക്കും മാതൃകയായിട്ട് ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് നോക്കാം ദൈവം ഒരു റോൾ മോഡൽ എടുക്കുക അബ്രാഹാമിന് വലിയ പ്രതീക്ഷയോടെ അബ്രാഹാമിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോ ദൈവത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഹോൾ പെർപ്പസ് ഇവിടെ നമ്മൾ അറിയുന്നു അത് അബ്രാഹാമിനെ ഒരു ദൈവിക വഴിയിലേക്ക് സ്വന്തം വഴി വിട്ട് ദൈവ വഴിയിൽ നടക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചാണ് ദൈവം ആ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നീട് നമുക്ക് കാണാം മോശയിലൂടെ എല്ലാം നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ദൈവം നടത്തിയ ദൈവിക വഴിയിൽ നടത്തുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ ആ ആ വലിയ ഹൃദയത്തിൻ്റെ ഭാരം മനുഷ്യൻ ദുഷ്ടതയുടെ വഴിവിട്ട് ദൈവ വഴിയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവം അവിടെ എക്സോഡസിൽ നമുക്ക് പതിമൂന്നാം അധ്യായത്തിൽ നോ നമുക്ക് മോശയെ പറ്റി കാണാം മോശയിൽ മോശ മോശയുടെ തിരഞ്ഞെടുത്ത ശേഷം ശൈജനത്തെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം നമുക്ക് പരിചിതമായ വാക്യമാണ് അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ അവർക്ക് വഴി കാണിക്കേണ്ടതിന് നമുക്ക് പകലും രാത്രിയിലല്ല പകലും രാവും യാത്ര ചെയ്യുവാൻ അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും സ്തമ്പത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാ അത്ര അഗ്നിസമ്പത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു നോക്കുക ഹൃദയത്തിൻ്റെ അതാഹം ആ ജനത മുഴുവൻ താൻ കാണിക്കുന്ന വഴിയിൽ തൻ്റെ ഹൃദയപ്രകാരം അങ്ങനെ ജനത്തെ ഇസ്രയേൽ ജനത്തെ പുറപ്പെടുവിച്ച് ആ കാ താൻ വിഭാവനം ചെയ്ത് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം മോശ ഈ കാര്യം തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് നമ്മൾ മോശ നമ്മൾ എക്സോഡസിൽ ചില ഭാഗങ്ങൾ നോക്കുക മുപ്പത്തിമൂന്നാം അധ്യായം മുപ്പത്തി മൂന്നിൻ്റെ പതിമൂന്നിങ്ങനെയാണ് മോശ പറയുകയാണ് ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ നിനക്ക് എന്നോട് കൃപയുണ്ടാകാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുവാനിടയാകട്ടെ നോക്കി ഇതൊരു പാക്കേജ് നമ്മൾ ദൈവത്തിൻ്റെ വഴി അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വഴി അറിയണമെങ്കിൽ ഞാൻ നിന്നെ അറിയുവാൻ ഇടയാവട്ടെ നോക്കിയാൽ നമ്മൾ ഇതിന് സമാനമായൊരു വാക്യം യോഗനാൻ അസോസിയേഷൻ പതിനാലാം അധ്യായത്തിൽ കത്താവ് പറയുന്നുണ്ട് വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്ന് കത്താവ് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് ചില സംശയങ്ങൾ റേസ് ചെയ്യാൻ കഥാവെ ഞങ്ങളെങ്ങനെയാണ് വഴിയറിയുന്നത് ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കത്താവ് ചോദിക്കുക ഇത്രയേറെ കാലം നീ എന്നോട് കൂടെ നടന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ നോക്കാം അപ്പം ദൈവത്തിൻ്റെ വഴി എങ്ങനെയാണ് നാം അറിയുക ദൈവത്തിൻ്റെ വഴി നാം അറിയണമെങ്കിൽ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ കർത്താവിനെ അറിയുക കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലൂടെ അല്ലാതെ തുടക്കത്തിൽ ആദം നടന്നതുപോലെ ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് നടന്നതുപോലെ അല്ലെങ്കിൽ നോഹം നടന്നതുപോലെ കർത്താവിൻ്റെ കൂടെ നടക്കുന്നൊരു അനുഭവത്തിലൂടെ അല്ലാതെ നോക്കാം അവിടെ മോശ മോശ കൃപയുണ്ടെങ്കിൽ ആ കൃപയിൽ നാം നടക്കണം ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിരന്തരം നമ്മൾ ഈ കൃപ കണ്ടെത്തണം കഥാവിനെ അറിയണം ഫിലിപ്പി ലേഖനത്തിലൊക്കെ നമ്മളതിനെ പറ്റി കാണുന്നുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അതുപോലെ ഡ്യൂട്ടോണമി ആവർത്തന പുസ്തകം എട്ടാമധ്യായം എട്ടാമധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു സോറി ആവർത്തനം ഒന്നിൻ്റെ പതിമൂന്ന് ഒന്നിൻ്റെ മുപ്പത്തിയൊന്ന് ഒന്നിൻ്റെ മുപ്പത്തിയൊന്നിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്തെത്തോളം നടന്ന എല്ലാ വഴിയും നിങ്ങളുടെ ദൈവമായ അഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു നോക്കുക മോശ ദൈവം നടത്തിയ വഴികളെ ഇസ്ലാജനതയെ ഓർപ്പിക്കുമ്പോൾ ഇസ്ലൈം മക്കളെ ഓർപ്പിക്കുമ്പോൾ പറയുന്ന വാക്യമാണിത് ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് ആ കാര്യം സങ്കല്പിച്ച് നോക്കിയാൽ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ തോളത്തിട്ട് വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്തെത്തുവോളം നടന്ന എല്ലാ വഴിയും നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ നമുക്ക് ദൈവം നടത്താൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വഴിയിൽ ദൈവം നമ്മെ കരുതുന്ന വിധങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ താൽപ്പര്യം ഇന്നും പ്രിയപ്പെട്ടവരെ ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഈ നിലയിൽ നാം കർത്താവിൽ ആശ്രയിക്കുന്നവരായിട്ടും കർത്താവിനോട് ചേർന്ന് ആ കാര്യത്തിൽ കർത്താവിൻ്റെ ഹൃദയം തീരണം എന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവിടെ അഞ്ചാം അധ്യായത്തിലും നമ്മളിങ്ങനെ കാണുന്നു അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തിമൂന്ന് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായിച്ചിരിക്കേണ്ടതിനും ആയിട്ട് ഇരിക്കേണ്ടതിനും ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ച എല്ലാ വഴികളിലും നടന്നുകൊടുവിൻ നോക്കി നമ്മൾ പാടിയപ്പോൾ നമ്മൾ അവസരം പറഞ്ഞ് നമുക്ക് ആ ഒബേ ചെയ്യുവാൻ്റെ കർത്താവിൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നത് കർത്താവിനെ ആ ഒബീഡിയൻസ് വഴി മാത്രമാണ് ദൈവിക വഴിയിൽ നമുക്ക് നടക്കാൻ കഴിയുക എന്നാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായൊരു മർമ്മം അതുപോലെ തന്നെ എട്ടാമധ്യായത് നമ്മൾ മറ്റൊരു വാക്യം കൂടെ കാണാം അവിടെ എട്ടിൻ്റെ ഇങ്ങനെ വായിക്കുന്നു ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ ദൈവമായ ഹോബ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നുവെന്ന് നീ മനസ്സിൽ ധ്യാനിച്ചുകൊള്ളണം ആകയാൽ നിൻ്റെ ദൈവമായഹോബയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം പ്രിയപ്പെട്ട ഈ വഴി ഒരു ഈ സ്വന്തം വഴി എന്നത് എത്രമാത്രം ഗൗരവമുള്ളൊരു കാര്യമാണ് നമ്മെത്രമാത്രം ഈ കാര്യത്തിൽ ഗൗരവമുള്ളവരായിരിക്കണം എന്ന് ഈ കാര്യങ്ങളിലൂടെ നമുക്ക് ഒരു വ്യക്തത ലഭിക്കുന്നുണ്ടോ ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു നീക്ക പോക്കുകൾ അല്ലെങ്കിൽ ഒരു അനുഗ്രഹം വരുന്നു ദൈവം ഒരു വിടുതൽ തരുന്നു നമുക്കൊരു രോഗത്തിൽ നിന്നൊരാശ്വാസം തരുന്നു അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഭൗതികമായൊരു കാര്യങ്ങളിൽ നമുക്കൊരു വിടുതൽ കിട്ടുന്നു എന്നത് നാം ദൈവത്തിൻ്റെ വഴിയിലാണ് നടക്കുന്നത് എന്നതിൻ്റെ പ്രത്യക്ഷമായൊരു തെളിവോ ഉറപ്പോ അല്ല എന്ന് മനസ്സിലാക്കണം നമ്മൾ മുമ്പേ വായിച്ചേശുസ്തകത്തിൽ ഈ ധാഷ്യവും അല്ലെങ്കിൽ ഈ ഈ സ്വന്തം ദുഷ്ടതയുള്ള ഒരു ജനത്തിനു നേരെ ഞാൻ എപ്പോഴും കരങ്ങൾ നീട്ടി എന്തിനാണ് ദൈവം അവരുടെ കരുണയുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്തു എന്നിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ആ നിലയിലുള്ള ഏതെങ്കിലും അനുഗ്രഹങ്ങൾ നമ്മൾ ഈ ദൈവത്തിൻ്റെ വഴിയിലാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമ്മളെടുത്താൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകും അല്ലേ നമ്മൾ സങ്കീർത്തനത്തില് നൂറ്റിമൂന്നില് നമുക്ക് അറിയാവുന്നൊരു വാക്യമുണ്ട് നൂറ്റിമൂന്നിൻ്റെ ഏജില് മോശയ്ക്ക് തൻ്റെ വഴികളെ കാണിച്ചു കൊടുത്തപ്പോൾ ഇസ്രേജൻ മക്കൾക്ക് തൻ്റെ പ്രവർത്തികൾ അല്ലെ ഇസ്രേൽ മക്കൾ കഥാപിൻ്റെ പ്രവർത്തികൾ എത്രയോ അധികം കണ്ടു പക്ഷേ തൻ്റെ വഴികളറിഞ്ഞത് തൻ്റെ വഴികളോട് ഹൃദയം വെച്ച് ആനയിൽ പിന്തു പിൻപറ്റുവാൻ മോശയ്ക്ക് മാത്രമേ കഴിഞ്ഞു ഉള്ളൂ എന്ന് മനസ്സിലാക്കണം നാം വഞ്ചിക്കപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട് ആത്മീയമായിട്ട് നല്ല അല്ലെങ്കിൽ ആനയിൽ നല്ലൊരു അനുഭവത്തിലോ നല്ലൊരു ഒരു ഒരു സഭയുടെ ഭാഗമായി ഇരിക്കുമ്പോഴും ഇതെല്ലാം നാം ദൈവത്തിൻ്റെ വഴിയിൽ തന്നെയാണ് എന്ന് നാം വ്യക്തിപരമായി നാം നമ്മെ തന്നെ ശോധന ചെയ്യണം കാരണം നമ്മൾ പ്രൊവേബ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് പ്രോവേബ്സിൽ പതിനാറിൻ്റെ രണ്ട് ഇങ്ങനെയാണ് വായിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ നമ്മൾ സോറി സദസ്യവാക്യങ്ങളിങ്ങനെ കാണുന്നു സദസ്യവാക്യങ്ങൾ പതിനാറാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു നമ്മൾ വീട് പോയ മനുഷ്യൻ്റെ പ്രത്യേകതയാണ് നമുക്ക് തോന്നുന്ന നമ്മുടെ വഴികളെല്ലാം പെർഫെക്റ്റാണ് എനിക്കാരോടും ഒരു ഒരു പ്രശ്നമില്ല ഞാൻ കഴിയുന്നത്തോളം സമാധാനത്തിൽ പോകുന്നു ഞാൻ എൻ്റെ ഭവനത്തിൽ ഞാൻ ആ നിലയിലൊക്കെ സമാ ഒരു ആ നിലയിലൊക്കെ ഒരു വിധേയത്തിൽ പോകുന്നു സഭയിലും ഞാൻ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ ആത്മീയ വഴികളെപ്പറ്റി നമുക്കൊരു ബോധ്യമുള്ളത് നല്ലതാണെങ്കിലും ഇങ്ങനെ തോന്നലുണ്ടായാലും മനുഷ്യൻ എൻ്റെ എല്ലാ വഴികളും വെടിപ്പായി തോന്നിക്കഴിഞ്ഞാൽ നോക്കുക അവിടെ അവൻ സ്വന്തം വഴിയിൽ നിൽക്കുന്ന ഒരുവനാണെന്ന് നാം തിരിച്ചറിയണം നമ്മെ തന്നെ നമ്മൾ തിരിച്ച് നമ്മൾ ആ നിലയിൽ ശോധന ചെയ്യണം കാരണം പതിനാറിൻ്റെ അതേ അധ്യായത്തിന് പതിനാറിൻ്റെ ഇരുപത്തഞ്ച് അതിൻ്റെ അവസാനമോ മരണ വഴികൾ ആണ് എന്നാണ് നാം വായിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രശ്നം ഇതാണ് നമ്മുടെ ഏത് സ്വയം സ്വന്തം വഴിയും മരണത്തിലേക്കാണ് നയിക്കുന്നത് മനുഷ്യന് മറ്റൊന്നും ഉത്പാദിപ്പിക്കാൻ കഴിയില്ല നമുക്ക് സ്വന്തമായിട്ട് മറ്റൊന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ട് ദൈവം എന്തു ചെയ്തു മനുഷ്യൻ ഉദ്ഘാടനം ചെയ്ത ഈ വഴി ഏതൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ ഉദ്ഘാടനം ചെയ്ത വഴിക്ക് പകരം കർത്താവ് തൻ്റെ സമയത്ത് കാലത്തിൻ്റെ തികവിൽ നമുക്കറിയാവുന്നത് പോലെ ഈ വന്നു വന്ന് നമ്മുടെ ഒരു മുപ്പത്തി മൂന്നര വർഷക്കാലം തൻ്റെ ഈ ദൈവിക ആദ്യം വെച്ചിരിക്കുന്ന ദൈവിക വ്യവസ്ഥ അല്ലെ ആ തിരിയുന്ന വാൾ അവിടെ അഗ്നിജ്വാല ജ്വാലയ്ക്കുള്ള ഒത്ത അല്ലെങ്കിൽ ജ്വാല ഉള്ള ആ വാള് ആ തിരിയുന്ന വാളിൽ പൂർണ്ണമായും തൻ്റെ ഇഷ്ടങ്ങളെ മുഴുവൻ അവിടെ യാഗമാക്കി തൻ്റെ സ്വയം ജീവൻ്റെ മുഴുവൻ അല്ലെങ്കിൽ ആ നിലയിൽ തൻ്റേതായ ഇഷ്ടങ്ങളെ മുഴുവൻ യാഗപീഠത്തിൽ വെച്ച് ആത്മാവിൻ്റെ സമ്പൂർണമായ നിറവിൽ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ തീയിൽ വെന്തെരിഞ്ഞ് ആത്മാവിൽ ദൈവത്തെ മഹത്തപ്പെടുത്തി നമുക്ക് പകരക്കാരനായി നമുക്ക് പകരക്കാരനായി ഒരു വഴി ഉദ്ഘാടനം ചെയ്തതായിട്ട് നമുക്ക് ഹെബ്രായ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും ഹെബ്രായ്ലേഖനം പത്താമധ്യായത്തിൽ മനോഹരമായ ആ പ്രയോഗം നമ്മൾ കാണുന്നു അവിടെ ഇരുപതാം വാക്യമാണ് ബൈ എ ന്യൂ ആൻഡ് ലിവിംഗ് വേ നമുക്ക് മരണത്തിൻ്റെ വഴിക്ക് പകരം a new and living way, which He inaugurated for us, through the veil that is His flesh. മലയാളത്തിൽ ഇങ്ങനെ വായിക്കുന്ന പത്തൊമ്പതാം വാക്യം അതുകൊണ്ട് സഹോദരന്മാരെ യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി മനുഷ്യൻ സ്വയമുണ്ടാക്കിയ സ്വയം സ്വയം ബദൽ സംവിധാനമായി നിർത്തി ആ വഴിയെല്ലാം നീക്കിക്കളഞ്ഞ് ജീവനുള്ള പൊതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കെന്നുള്ള ധൈര്യം നോക്കുക മനുഷ്യൻ ഇനി സ്വന്തം വഴികൾ അന്വേഷിക്കേണ്ട കർത്താവിൻ്റെ രക്തം കർത്താവ് നമുക്ക് പൂർണ്ണമായും പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിച്ച് ആ ജീവൻ്റെ വഴി ഉദ്ഘാടനം ചെയ്തത് വഴി നമുക്കവൻ്റെ രക്തത്താൽ തിരു വിശുദ്ധമന്ദനത്തിലേക്കുള്ള പ്രവേശത്തിനുള്ള ധൈര്യവും അതുമാത്രമല്ല താൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിൽ വലതു ഭാഗത്തിരുന്ന് നമ്മൾ ഇരുപത്തഞ്ചാം വാക്യം വായിക്കുന്നു ദേവാലയത്തിൻ്റെ മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് ഇരുപത്തിരണ്ടാം വാക്യം നാം ദുർമനസാക്ഷി നീങ്ങുമാർ നമുക്ക് മനസ്സാക്ഷി നമ്മുടെ ഈ ദുർമണ സാക്ഷി എങ്ങനെയുണ്ടായത് സ്വന്തം വഴി സ്വന്തം വഴി നമ്മുടേതായ മാർഗങ്ങൾ നമുക്കതിനെയെല്ലാം നാം ദുർദ മനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് നമുക്ക് അവിടെ നമുക്ക് എന്താ ചെയ്യാം രക്തത്താൽ ആശ്രയി രക്തത്തിൽ ആശ്രയിച്ച് ദൈവം നമുക്കായി ചെയ്ത ആ പ്രവൃത്തിയിൽ വിശ്വസിച്ച് പരമാർത്ഥഹൃദയത്തോടെ വക്രതയില്ലാത്ത സ്വന്തം പ്ലാനും പദ്ധതികളും ഒന്നുമില്ലാതെ ധൈര്യമായിട്ട് അടുത്ത് ചെല്ലാൻ കഴിയുന്ന ഒരു പുതിയ പ്രത്യാശയുടെ വഴി എത്ര മനോഹരമായിട്ടാണ് മനുഷ്യൻ്റെ നാലായിരം വർഷം ആദ വീഴ്ചയ്ക്ക് ശേഷം ഏതൻ തോട്ടം അല്ലെങ്കിൽ ജീവൻ്റെ വെക്ഷത്തിൽ നിന്ന് മനുഷ്യൻ്റെ വക്ഷത്തിലേക്കുള്ള മനുഷ്യൻ്റെ പ്രവേശനം തടഞ്ഞ് നാലായിരം വർഷത്തിന് ശേഷം കർത്താവ് വന്ന് ആ ദൈവം വച്ചിരുന്ന വ്യവസ്ഥയായ ആ തിരിയുന്ന വാളിൻ്റെ താൻ തന്നെയാ നിലയിൽ തൻ്റെ ഇഷ്ടങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ച് സ്വന്തം ജീവനെ നമുക്കായി യാഗമാക്കി ആത്മാവിൽ ആ ജീവനോടെ നമുക്ക് നമുക്ക് ജീവൻ തരേണ്ടതിനായിട്ട് ഉത്ഥാനം ചെയ്യപ്പെട്ട മനോഹരമായ ആ വഴി നമ്മൾ ആ വഴിയിൽ നിൽക്കണമെന്നാണ് കത്താവ് ആഗ്രഹിക്കുന്ന റോമാലേഖനത്തിൻ്റെ എട്ടാമധ്യായം നമുക്ക് വേഗത്തിൽ നോക്കി ഞാൻ നിർത്താം റോമാലേഖനം എട്ടാമധ്യായം നമ്മളിപ്പോൾ ഈ കത്താവ് നടക്കുന്ന വഴിയെ നടക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ധൈര്യം തരുന്നുണ്ട് നമ്മൾ ഈ കർത്താവ് കടന്നുപോയ ആ അല്ലെങ്കിൽ തൻ്റെ ദേഹം തിരശീല ആശ്ചരികമായിട്ട് തകർക്കപ്പെട്ടതുപോലെ നമുക്ക് ആ നിലയിലല്ലാ കതാവിനെ പിൻപറ്റുവാൻ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ കാരണം കതാപ് ഒരിക്കലായിട്ട് അത് ചെയ്തതിനാൽ ഇവിടെ റോമാലേഖനം എട്ടാമധ്യായ തന്നെ പതിമൂന്നാം വാക്യം നമ്മൾ കാണുന്നു നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും നമ്മൾ ആച്ചരികമായിട്ട് ആ വാളിൻ്റെ ആ വായ്ത്തലയിലേക്ക് പോയി വീണ് ആച്ചരികമായി തകർക്കപ്പെടുന്നൊരവസ്ഥയല്ല മറിച്ച് ഇന്ന് നമ്മൾ ഹിപ്രായാലും വായിച്ചു ആ പ്രത്യാശയുടെ സ്വീകാര്യം എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമുക്ക് സഹായകനായിട്ട് എൻ്റെ ഉള്ളിലെ ആ തിന്മയുടെ വഴികളെ സ്വന്തം ഇഷ്ടങ്ങളെ കാണിച്ച് തരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഞാൻ ആത്മാവിനായിട്ട് ദാഹിച്ച് ആത്മാവിൻ്റെ ശക്തിയിൽ ഞാൻ ഈ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ യാഗപകടത്തിലേക്ക് വെക്കണം നമുക്ക് അതൊരു അപ്പോഴാണ് ക്രിസ്ത്യജീവിതത്തിൻ്റെ മനോഹരത്വം അല്ലെങ്കിൽ നമ്മളും അടുത്തു പോകും ഓരോ തവണയും നാം നാം ഈ വെറ്റുകൊണ്ട് നാം ഇങ്ങനെ വേദനിച്ച് ബ്ലീഡ് ചെയ്ത് അങ്ങനെയല്ല ദൈവത്തിൻ്റെ വഴി അത് ദൈവം നമുക്കായിട്ട് ചെയ്തപ്പോൾ നമുക്കൊരു വാഗ്ദത്വമുണ്ട് പരിശുദ്ധാത്മാവ് അതാണ് പറയുന്നത് പതിനാലാം വാക്യത്തിങ്ങനെ വായിക്കുന്നു നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് സോറി ദൈവാത്മാവ് നടത്തുന്നവർ ഇവരും ദൈവത്തിൻ്റെ മക്കൾ അപ്പം ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ദൈവം യേശു വഴി നമുക്ക് തന്നു ഈ പുതിയ വഴിയുടെ നമുക്കുള്ള ബോണസ് അതാണ് നമുക്കിനി നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടം അനുസരിക്കേണ്ട മറിച്ച് ദാഹിക്കുന്നവന് എൻ്റെ അടുക്കൽ വരുമ്പോൾ അവനെ നിറയ്ക്കുന്ന വിധം ഞാൻ പരിശുദ്ധാൽ അവനെ തരും എന്ന് ദൈവത്തിൻ്റെ വാക്തത്വം വിശ്വസിച്ച് പ്രത്യാശയോടെ നാം ദൈവത്തെ അനുസരിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ നമുക്ക് ആത്മാവ് നമ്മുടെ സ്വയം ജീവനെ കണ്ടെത്തി അത് ദൈവത്തിനായിട്ട് അത് മരിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും സജ്ജമാക്കും എന്നുള്ളതാണ് ദൈവിക രഹസ്യം കത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത് യോഹനാൻ അസോസിയേഷൻ പതിനാലാം അധ്യായത്തിൽ കത്താവ് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഒരു വഴിയൊരുക്കാനാണ് പോകുന്നത് ഞാൻ സോറി ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനാണ് പോകുന്നത് വഴിയൊരുക്കാൻ എന്നല്ല വഴി കത്താവ് ഒരുക്കി കത്താവ് ചെയ്യുന്ന എന്താണ് ഞാൻ വഴിയൊരുക്കാൻ പോകുന്നു സോറി ഒരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു അപ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ട് ആദ്യമേ കത്താവ് പറഞ്ഞു വെച്ചു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അപ്പം അവിടെ വാസസ്ഥലങ്ങളുണ്ട് കർത്താവ് വരുമ്പോഴേ വാസസ്ഥലങ്ങളെല്ലാം അവിടെ റെഡിയാണ് എന്നിട്ട് കാരണം അത് പറയുന്നു ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്തിനെപ്പറ്റിയാണ് കർത്താവ് പറഞ്ഞ സ്ഥലമൊരുക്കുവാൻ പോകുന്നത് എ എന്താണ് പറഞ്ഞത് താൻ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ ഞാൻ എന്തു ചെയ്യണം ഞാൻ കാലപരിയിലേക്ക് പോവുക ഞനക്കും നിനക്ക് പകരക്കാരനായിട്ട് ഞാൻ കലവലിയിലേക്ക് നടക്കുകയാണ് ദൈവം ഏതൻ തോട്ടത്തിൽ വെച്ച ദൈവിക വ്യവസ്ഥ ആ തിരിയുന്ന വാളിൻ്റെ ആ വായത്തലയിൽ ഞാൻ എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് നിങ്ങളുടെ എല്ലാ പാപങ്ങളും എൻ്റെ ശരീരത്തിൽ വഹിച്ച് ഞാൻ സ്ഥിരശീലാക്കി തുറക്കുകയാണ് പുതിയൊരു ജീവൻ്റെ വഴി തുറക്കുകയാണ് പ്രിയപ്പെട്ടവരേ എന്നിട്ട് നമ്മൾ പറയുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നത് നിങ്ങൾ നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും അവിടെയാണ് നിങ്ങൾ പോകുന്ന ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങളറിയുന്നു എന്ന് പറയുന്നത് നമുക്ക് വച്ചിരിക്കുന്ന വഴിയും ഇതാണ് നമുക്കൊരു കോംപ്ര അല്ലെങ്കിൽ അതിലൊരു ഒഴിവൊഴിവൊന്നുമില്ല നമുക്കും നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ നമുക്ക് കത്താവിന് കിഴക്കി കൊടുത്തേ നോക്കൂ പക്ഷെ അത് നമ്മൾ ശരീരത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മെ നിരന്തരം നടത്തുന്ന ഒരു വഴിയാണ് ദൈവത്തിൻ്റെ വഴി കർത്താവ് കാൽവരിയിൽ നമുക്കായി കണ്ടെത്തിയ വഴി നമുക്ക് നന്ദിയുള്ളവരായിട്ടിരിക്കാൻ പ്രിയപ്പെട്ടവർ നമുക്ക് നമുക്കൊരു കാര്യം ചിന്തിക്കാം ദൈവമേ എൻ്റെ മുമ്പിൽ പ്രായോഗികമായി എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ കത്താവെ സ്വന്തം വഴി അതിനൊരു മാർഗ്ഗം കണ്ടെത്തുന്ന എൻ്റെ സ്വഭാവത്തിൽ നിന്നെ പിടിപ്പിക്കണം മറിച്ച് അവിടുത്തെ സന്നിധിയിൽ വന്ന് കത്താവിനെ അറിയുവാൻ കതാപയെ അവിടുത്തെ എന്താണ് ഇക്കാര്യത്തിൽ അങ്ങനെയൊക്കെ കരുതിയിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് ഞാൻ ഈ ഭാരങ്ങളെല്ലാം അങ്ങയുടെ മേലിടും എന്ന് നിശ്ചയിച്ച് നമുക്ക് ദൈവം മനോഹരമായ ഈ വഴിയിലൂടെ നമ്മൾ കൃത്യജീവിതം പൂർണ്ണമാക്കി നമുക്ക് മുമ്പോട്ട് പോകാം അതിനെ നമുക്ക് ദൈവം നമ്മെ സഹായിക്കട്ടെ